പിന്നീട് അവർക്കുശേഷം വേദഗ്രന്ഥം അവകാശപ്പെട്ട ഒരു തലമുറ വന്നു അവർ ഈ ഐഹിക ലോകത്തെ താൽക്കാലിക ലാഭങ്ങൾ കൈക്കലാക്കുകയും നാം പൊറുക്കപ്പെടും എന്ന് പറയുകയും ചെയ്യുന്നു അതുപോലെയുള്ള മറ്റൊരു ലാഭം വന്നാലും അവർ അത് കൈക്കലാക്കുന്നു അള്ളാഹു സുബാനഹുവ ത ആലയെക്കുറിച്ച് സത്യമല്ലാതെ പറയരുതെന്ന് വേദഗ്രന്ഥത്തിലൂടെ അവരുമായി കരാറുണ്ടാക്കിയില്ലേ അതിലുള്ള കാര്യങ്ങൾ അവർ പഠിക്കുകയും ഭയഭക്തിയുള്ളവർക്ക് പരലോകത്തെ വീടാണ് ഏറ്റവും ഉത്തമം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ